ഉസ്മില്ല അലഹമ്മില്ല ഉസ്ലത്ത് വസ്ലമ അഷ്റഫ് റുസലില്ല വാല ആലി ഉൽഫീൻ വേദിയിലെ സമാധരണീയരായ സദാത്യങ്ങളെ സമസ്ത കേരള ജമിയ തുമയുടെയും വിവിധ പോഷക ഘടകങ്ങളുടെയും ഗൾഫ് സംഘടനകളുടെയും പ്രമുഖരായ സാരഥികളെ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വളരെ ആവേശപൂർവം സംഘടനയുടെ വിളിയാളം കേട്ടുകൊണ്ട് ഈ പരിപാടിക്കെത്തിയിട്ടുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ക്യാമ്പയിനിന്റെ തുടക്കം എന്ന നിലയിൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം ഒരു ചെറിയ ചടങ്ങിലൂടെ നടത്താൻ വേണ്ടി നിശ്ചയിക്കുകയും നഗരത്തിലുള്ള നടത്തുമെന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ നമുക്കൊക്കെ അനുഗ്രഹമായി വന്നു ചേർന്ന സവിശേഷമായ സാഹചര്യത്തിൽ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ ഹാളിൽ ഈ പരിപാടി സംഘടിപ്പിച്ചെങ്കിലും ഈ ഹാളും നിറഞ്ഞ് കവിഞ്ഞ് ഇതിൻ്റെ ഗ്രൗണ്ടിൽ ഇൻഷാല്ല ഏതാനും സമയങ്ങൾക്കകം എൽ പ്രൊജക്ടർ മുഖേന എല്ലാവർക്കും ഈ പരിപാടി വീക്ഷിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ അസൗകര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സംഘടനയ്ക്ക് വേണ്ടി ക്ഷമാപണം ചോദിക്കാൻ ആമുഖമായി ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ് ദീർഘമായ പ്രസംഗങ്ങൾ ഇനി നടക്കുന്നില്ല വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഉദ്ഘാടന പ്രസംഗവും അത്യാവശ്യം ചില ആശംസകൾ എന്ന് പറഞ്ഞുകൂട ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിന് നിർബന്ധമായി നമ്മൾ പരിഗണിക്കേണ്ട ഉപയോഗപ്പെടുത്തേണ്ട പ്രമുഖരുടെ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് അതിനുശേഷമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടര വർഷമായി പ്രവാചകർ സാഹുലിസ്ലം തങ്ങളുടെ പേരിൽ ഒരു കേശം അവതരിപ്പിക്കുകയും അത് വ്യാജമാണെന്ന് സംഘടന ചൂണ്ടിക്കാണിക്കുകയും വ്യാജമാണെന്ന് വളരെ കൃത്യമായി കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത യാഥാർത്ഥ്യമാണ് ആ സന്ദർഭത്തിലൊക്കെ കേരളത്തിലുടനീളം വ്യാപകമായ പ്രചാരണങ്ങൾ മറ്റുമൊക്കെ നടന്നിരുന്നു ഈ പ്രചാരണങ്ങളൊക്കെ പൂർണ്ണമായി നിർത്തൽ ചെയ്തുകൊണ്ട് ഈ വിഷയവുമായി പൂർണ്ണമായി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മറുവിഭാഗം അവിടെ എല്ലാ പ്രചാരണ പരിപാടികളും അവസാനിച്ചുകൊണ്ട് ഈ പ്രചാരണ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ഇങ്ങനെ ഇതിനുവേണ്ടി സ്വന്തം സംഘടന പോലും കയ്യൊടിഞ്ഞ് സംഘടനയുടെ പ്രഭാഷകരെല്ലാം മാറി സംഘടനയിലെ ഔദ്യോഗിക വേദികളെല്ലാം ഇത്തരം വിഷയങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അവസാനിപ്പിച്ച് അങ്ങനെ പൂർണ്ണമായി ഈ വിഷയത്തിൽ കാന്തപുരം എ പി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ സമയത്ത് പോലും അദ്ദേഹത്തിനു വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്തിരുന്ന രണ്ടു മൂന്ന് കാന്തപുരത്തിൽ മാസപ്പടി വാങ്ങുന്ന കൂലിപ്രഭാഷകരുണ്ടായിരുന്നു ആ കൂലിപ്രഭാഷകരോട് പെട്ടെന്നൊരു ദിവസം കാന്തപുരം വിളിച്ചിട്ട് പറയുന്നു ഇനി നിങ്ങൾ വിശദീകരണം നിർത്തണം ഇനി നിങ്ങൾ വിശദീകരണം നിർത്തണം ഇവർ തിരിച്ചു ചോദിച്ചു നമ്മൾ റസൂർ അള്ളാഹി സ്വല്ലാഹുലിസ്ലം തങ്ങളുടെ ഷാർ മുബാറക്കാണ് അങ്ങയുടെ കൈവശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുണ്യകർമ്മമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പിന്നെ ഇത് നിർബന്ധമായി നിർത്തൽ ചെയ്യണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അതിന് കാന്തപുരത്തിന്റെ അടുത്ത് പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നുമില്ല ഇങ്ങനെ സാഹചര്യം വന്നപ്പോ സ്വാഭാവികമായും ഈ വിശദീകരണങ്ങളുമായി നടന്നിരുന്ന ആളുകളിൽപ്പെട്ട ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഈ തെറ്റിനെ സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് വൃത്തികെട്ട വഴികൾ സ്വീകരിച്ചവരായിരുന്നു മഹാനായ പാണക്കാട് സെയ്ദ് ഹൈദർ ശിഹാബ് തങ്ങൾ മുതൽ മഹാനായ മർഹും കാളമ്പാട് ഇസ്താദ് മുതൽ യുടെ ഉന്നതരായ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ ടെലഫോണിൽ വിളിച്ചുകൊണ്ട് അവരുമായി സംഭാഷണം നടത്തി അവരുടെ സംഭാഷണങ്ങൾ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് എടുത്തുദ്ധരിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ് റൂമുകളിലൂടെയും ഇന്റർനെറ്റിലൂടെയും മറ്റു ക്ലിപ്പുകൾ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രഭാഷണ പരിപാടികളിലൊക്കെ വെച്ചുകൊണ്ട് ഉസ്താദുമാരെ നിണ്യമായി ചിത്രീകരിക്കാൻ വേണ്ടി വലിയ സാഹസം നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള ആളുകൾ അവരിത്രയും തങ്ങളുടെ നേതാവിന് വേണ്ടി ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതിടയിലാണ് കാന്തപുരം ഇത് നിർത്തിവെക്കണം എന്ന കണിശമായ നിർദ്ദേശം പോ വരുന്നത് ഈ നിർദ്ദേശം കേട്ടപ്പോൾ സ്വാഭാവികമായും ഇവർ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി ഇത്രയും വലിയ അധ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നിർത്തിവെക്കണമെന്ന് പറയാൻ മാത്രം എന്താണ് സംഭവിച്ചത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇവരുടെ ഈ വിഭാഗം അതിന്റെ മറുവശം ചിന്തിക്കാൻ തുടങ്ങി എന്താണ് എസ് കെ എന്തെങ്കിലും കാര്യമുണ്ടോ ഹമീദ് ഫൈസിയുടെ ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇവരിന്റെ മറുവശം ചിന്തിക്കാൻ തുടങ്ങി അവരുടെ കൂട്ടത്ത് തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൻ രൂപീകരിച്ചുകൊണ്ട് അവരതുമായി അന്വേഷണം തുടങ്ങി ഈ അന്വേഷണം ഇതിന്റെ എല്ലാ പരിധികളും എല്ലാ എല്ലാ വേദികളും സഞ്ചരിച്ചുകൊണ്ട് അതിന്റെ എല്ലാ തെളിവുകളും അവർ ശേഖരിച്ചു എന്തിനു വേണ്ടിയിട്ടുള്ള സ്വന്തം നേതാവിന്റെ കൈവശമുള്ള മുടി പ്രവാചകർ സാഹുലിസ്ലം തങ്ങളുടേതാണെന്ന് ന്യായീകരിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവരോട് പെട്ടെന്നൊരു ദിവസം ഇത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞതിന്റെ പിന്നെ രഹസ്യമെന്ത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു ഈ യാത്രക്കൊടുവിൽ ഇവർ കൃത്യമായ അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ അതിന്റെ സനതിന്റെ അവിടെ അവരവതരിപ്പിച്ച സനതിനെ അന്വേഷണങ്ങൾ നടന്നു ഇക്ബാൽ ജാലിയവാലയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നു കാനന്തപുരം എ പി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പര വിരുദ്ധമായ വിശദീകരണത്തെ അന്വേഷിച്ചു അങ്ങനെ നിരന്തരമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഈ മുടി ന്യായീകരിക്കാൻ വേണ്ടി രാപ്പകൽ ഭേദമന്യേ മാസങ്ങളോളം വേദികളും അതേപോലെ ടെലിഫോൺ ടിപ്പ് ക്ലിപ്പുകളുമായി നടന്നിരുന്ന ആളുകൾ അവസാനം കണ്ടെത്തിയിരിക്കുന്നു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയയുടെ കൈവശമുള്ള മുടി വ്യാജമാണ് അത് റസോള്ളാഹുലി സ്വന്തങ്ങളുടെ പേരിൽ പറയാൻ പറ്റാത്തതാണെന്ന് ഈ വിഭാഗം തന്നെ കൃത്യമായി കണ്ടെത്തുകയും അത് കണ്ടെത്തിയെന്ന് മാത്രമല്ല അവർ തന്നെ തീരുമാനിച്ചു ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇതിനുവേണ്ടി അധ്വാനിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വിശ്രമിക്കാൻ കഴിയില്ല ഈ സത്യാവസ്ഥ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാനെയും അവരുടെ പ്രമുഖരായ രണ്ട് പണ്ഡിതന്മാരായ പൊൻമൾ അബ്ദുൽ ഖാദർ മുസ്ലിയാലെയും പേരൂർ അബ്ബ്രഹ്മാൻ സക്കാഫിയെയും അതേപോലെ മർക്കസിലെ പ്രമുഖനായ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടിനെയും അറിയിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാലു പേരെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഉസ്താദുമാരെ ഞങ്ങളിതിനെക്കുറിച്ച് അന്വേഷിച്ചു ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും കൊടുവിലത്തെ റിപ്പോർട്ട് ആധികാരികമായി സത്യസന്ധമായി ഞങ്ങളുടെ കൈവശം കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഇതിനുവേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള മുടി മുടി മുടി സ്ഥിരീകരിക്കാൻ വേണ്ടി അവതരിപ്പിച്ചുള്ള സനത് കാരന്തൂർ മർക്കസിൽ വെച്ചുകൊണ്ട് സാക്ഷാൽ നേരത്തെ മലയമ്മ മുഹമ്മദ് സക്കാഫി പുറത്തുവിട്ടതുപോലെ കാലന്തൂർ മർക്കസിലെ ഓഫീസ് ജീവനക്കാർ ഓഫീസിലിരുന്ന് കൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് ഇവർക്ക് ബോധ്യമായി രണ്ടാമത് ഇക്ബാൽ ജാലിയവാലയെക്കുറിച്ച് മുംബൈയിൽ പോയിക്കൊണ്ട് അവിടെ പോയി കൃത്യമായി അന്വേഷണം നടത്തി അവിടെ സംബന്ധിച്ചിടത്തോളം ഇക്കബാൽ ജാലിയവാല ഒരു മുടി കൈമാറുന്നത് പോയിട്ട് എവിടെയും ഒരു സാക്ഷി പറയാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് ഇവര് തന്നെ കാന്തപുരത്തിന്റെ ഒലിയും ഷെയ്ഖുമായി അവതരിപ്പിച്ച ഇക്ബാൽ ജാലിയവാല ഒന്നിനും പറ്റാത്ത ഒരു നികഷ്ട ജീവിയായി അവര് കണ്ടെത്തി അതിനുശേഷം നടത്തിയിട്ടുള്ള ഓരോ വിശദീകരണങ്ങളിലും ഇവർ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്നും ഇത്രയും കാലം സമസ്ത കേരള ജമീലത്തിലുമേയും എസ് കെ എസ് ഭാരവാഹികളും ഈ സമൂഹത്തോട് കാന്തപുരത്തിന്റെ കൈവശം സൂക്ഷി വെച്ചിട്ടുള്ള ഈ വ്യാജ കേശത്തെ കുറിച്ച് പറഞ്ഞിരുന്നുവോ അതെല്ലാം സത്യസന്ധമായിരുന്നു എന്ന് ഈ വിഭാഗം കണ്ടെത്തി ഈ വിഭാഗം കണ്ടെത്തി കാന്തപുരത്തിനെയും പൊന്മളയെയും പേരൂർ അബ്ദുറഹ്മാൻ സക്കാഫിയെയും ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടിനെയും അവരെ മുന്നിൽ കൃത്യമായി തെളിവുകളും രേഖകളും സഹിതം വിശദീകരിച്ചു അവർ പറഞ്ഞു സംഗതി ഒക്കെ ശരിയാണ് പക്ഷെ മിണ്ടാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങൾ തൽക്കാലം അത് രഹസ്യമാക്കി വെക്കണം നമുക്ക് കൈകാര്യം ചെയ്യാം നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടിനോട് ചോദിച്ചത്രേ നമുക്കും മരിച്ചു പോണ്ടേ ഇത് റസൂൽ അള്ളാഹി സുല്ലാഹു സ്വലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നമുക്ക് മരിച്ചു പോകണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് പറഞ്ഞത്രേ അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം ഏത് മരണം അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം അങ്ങനെ അവരുടെ നേതൃത്വത്തെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ബോധ്യപ്പെടുത്തിയതിനു ശേഷം പോലും തെറ്റുതിരുത്താൻ തയ്യാറല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോ ഈ കാന്തപുരത്തിന്റെ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്ത് ഈ വിഭാഗം രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് അവർ തന്നെ അവരുടെ മുഷാവർ അംഗങ്ങൾക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു അത് വളരെ വിശദമായി വിശദീകരിക്കുന്ന രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു അവരുടെ മുഷാവർ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി മുഷാവർ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് തന്നെ അവർക്ക് തന്നെ ഒരു തോന്നൽ ഇത് നമ്മുടെ കാരണം ഈ വലിയ ഈ വലിയ മുത്തപ്പന്മാർക്ക് ഇത് ബോധ്യപ്പെടുത്തിയിട്ട് പരിഹാരമില്ലെങ്കിൽ പിന്നെ ഈ മാസപ്പടി വാങ്ങുന്ന പാവം മുസാവർ മെമ്പർമാർക്ക് വിതരണം ചെയ്തുകൊണ്ട് എന്താ കാര്യം അവര് തീരുമാനിച്ചു ഇത് എസ്വന് കൈമാറിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ എന്ന് ആ ഒരു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ സി ഡി മണിക്കൂർ ദൈർഘ്യമുള്ള സി എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കൈമാറിയിരിക്കുന്നു ഇൻഷല്ല അത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു വേണ്ടി പോവാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോലാഹലങ്ങൾ നടന്നപ്പെടാണ് വളരെ പെട്ടെന്ന് പൊന്നമളെടുത്ത് പുറത്തേക്ക് ചാടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങി അവരുടെ കൂട്ടത്തിൽ തട്ട പിന്നെ പെട്ട ആളുകൾ തന്നെ പറഞ്ഞു പൊന്മൺ അബ്ദുൾ ഖാദർ മുസ്ലിയാർക്ക് ഈ മുടിയിൽ വിശ്വാസമില്ല അദ്ദേഹം ഇതിൽ തള്ളി പറയുന്നതിന്റെ ഫോൺ ഫോണുകൾ ഇവിടുത്തെ പ്രമുഖമായ ചാനലുകൾ പുറത്തുവിട്ടു ഇന്ന് അടിയന്തര മുഷാ പ്രയോഗം ചോർന്നു ഇന്ന് അടിയന്തര മുഷാപ്രയോഗം ചോർന്നു പഴയതുപോലെയല്ല ഇപ്പൊ കാന്തപുരം ഗ്രൂപ്പ് മുഷാവ്രയോഗം ചേർന്ന് കഴിഞ്ഞാൽ മുഷാവറയോഗം നന്ദി പറഞ്ഞ് പിരിഞ്ഞാൽ ചില മുഷാവറ മെമ്പർമാർ നമുക്ക് വിളിച്ചിട്ട് യോഗ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് ആ യോഗ വിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ മുഷാവറയുടെ പ്രധാനപ്പെട്ട തീരുമാനം അടുത്ത റബിയൽ മാസത്തിൽ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി കാരന്തൂർ മർക്കസിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് ഈ കാന്തപുരം എ പി എ സാന്നിധ്യത്തിൽ ചേർന്ന അവരുടെ മുഷാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു വീണ്ടും കുറെ തീരുമാനങ്ങളുണ്ട് ബഹുമാന്യായ നേതാക്കന്മാർ അത് വിശദീകരിച്ചുകൊള്ളും ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു ഈ പരിപാടി ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ മുടി വിവാദം തുടങ്ങിയത് മുതൽ ഇതിന്റെ പിറകെ നടന്നുകൊണ്ട് ഇതിന്റെ മുഴുവൻ ചുരുള കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ എസ് സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സിനിയോജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അവാണ് അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വിഷയത്തിൽ വളരെ തുടക്കം മുതൽ തന്നെ നമുക്കൊക്കെ ആവേശം പകർന്നുകൊണ്ട് നമുക്ക് പിന്തുണ നൽകിക്കൊണ്ട് വളരാവേശപൂർവം ഇതിന്റെ മുഴുവൻ ചുരുവഴിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സാഹസം നടത്തിക്കൊണ്ട് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ദൗത്യത്തിന് പിറകെ നമുക്ക് സഹായഹസ്തമായിട്ട് എന്ന് നിന്നിട്ടുള്ള ദാൽഹുദ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും സമസ്ത കേരള ജമിയത്ര മുല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി അവറാണ് അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ആമുഖമായി ഈ വിഷയ സംബന്ധമായി നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനായ സിന്നിയോജന സംഘത്തിലെ സംസ്ഥാന സെക്രട്ടറി അതേപോലെ ഈ വിഷയത്തിൽ ഈ ഈ വിഭാഗത്തിന്റെ കണ്ണിലെ കരടായി മാറിയ അവരുടെ പേട് മാറിയ നമ്മുടെ അഭിമാനവും ആവേശവുമായി മാറിയ ബഹുമാനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പരക്കടവ് ഇത് സംബന്ധമായിട്ട് നമ്മോട് സംസാരിക്കും ഇൻഷാള്ള കുറഞ്ഞ വാക്കുകളിൽ ഒരാശംസ കാരണം അതുകൂടിയില്ലെങ്കിൽ ഈ പരിപാടിക്ക് അപൂർണതയാകും എന്ന് കൊണ്ട് തന്നെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ബഹുമാനായ അഷ്റഫൈസി കണ്ണാടി പറമ്പും നമ്മളെ അഭിസംബോധന ചെയ്യും എല്ലാം വളരെ ചുരുങ്ങിയ വാക്കുകൾ കാരണം ഞാൻ നേരത്തെ പ്രതീക്ഷിച്ച ആ ക്ലിപ്പിംഗ് അടക്കമുള്ള അതിന്റെ വിശദീകരണത്തിനാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടന പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും മാധം ആമുഖവും ആശംസയൊക്കെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിർവഹിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഈ ക്ലിപ്പിങ്ങിന്റെ പ്രദർശനം കഴിഞ്ഞുകൊണ്ട് അതിനൊരു മേമ്പൊടി എന്നർത്ഥത്തിൽ ബഹ്മാനായി ഇസ്മായിൽ സക്കാഫി തൊട്ടുമുഖം ഇതിന്റെ സമാപന പ്രഭാഷണത്തിന് വേണ്ടിയെത്തും ഇൻഷാ അള്ള ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഒന്നുകിൽ കാന്തപുരം മുസ്ലിയാർ കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയുക അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ഈ പരിപാടി വ്യവസായക്കുന്നതോടുകൂടി കേരളം വിടുക ഇത് രണ്ടല്ലാത്ത മാർഗം കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളമില്ല ഇൻഷാ അള്ളാഹ നമുക്ക് കാത്തിരുന്നു കാണാം ഈ പരിപാടിയുമായി എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ വളണ്ടിയർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് നിങ്ങൾക്കറിയാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി ആളുകൾ ഈ ഹോളിനകത്തും പുറത്തും പരിസരത്തും ഒക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഇത്രയും ആളുകളെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇതനുസരിച്ച് പ്രചാരണവും നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഈ സ്വാഭാവികമായി വന്നിട്ടുള്ള അസൗകര്യങ്ങൾ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരും പരസ്പരം സഹകരിക്കണമെന്നും പ്രശ്നമുണ്ടാക്കാൻ ആരും വരാൻ സാധ്യതയില്ല ആരെങ്കിലും തന്നെ അത് വളരെ തന്ത്രപൂർവ്വം വളരെ സമാധാനപൂർവം വളരെ സ്നേഹപൂർവം നിയന്ത്രിക്കാനും അവരെ അത് സമാധാനപൂർവം കേൾക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് ബഹുമാനായ മുസ്തമ്മ ഷയാദരപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും